അദോ അവൽ അത് കെട്ടിച്ചമച്ചുവെന്നവർ പറയുകയാണോ നീ പറയുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇതിന് സമാനമായി കെട്ടിച്ചമച്ച പത്ത് സൂറത്തുകൾ കൊണ്ടുവരിക അള്ളാഹുസുബാനഹൂവ ടെയാലയ്ക്ക് പുറമേ നിങ്ങൾക്ക് കഴിയുന്നവരെയെല്ലാം അതിനായി വിളിച്ചുകൂട്ടുവീൻ